യൂണിറ്റ് അതെങ്ങനെ സതിയുടെ വാച്ചിൽ മണി ഇപ്പോൾ എത്രയായി പത്തരയായോ ും സമയം എന്തായി ഒൻപതേ മുക്കാൽ അതും പുതിയ ക്ലോക്ക് ആണ് അതെ അതെ ഇതെല്ലാം പുതിയ സാധനങ്ങൾ തന്നെ പക്ഷേ സതിയുടെ പല്ല എ രാ മക്കളാണ് കുയുടെ മോൻ അത് ശെരി അവരൊക്കെ ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് ദാമുവും രാജനും ആറാം ക്ലാസ്സിൽ രാമു എട്ടില് സതിയുടെ അനിയത്തിമാരോ അവർ തീരെ ചെറിയ കുട്ടികളല്ലേ രണ്ടുപേരും പ്രൈമറി സ്കൂളിലാണ് രമ ഒന്നിലും മാധുരി മൂന്നിലും വാസുവിന്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഏതെല്ലാം ക്ലാസുകളിലാണ് എല്ലാവരും സ്കൂളിൽ തന്നെ മൂത്തയാൾ ഏഴാം ക്ലാസ്സിലാണ് ഇളയനിയൻ വേണു രണ്ടിൽ അനിയത്തിമാരിൽ പത്മം അഞ്ചാം ക്ലാസ്സിലും മാലതി നാലിലുമാണ് പക്ഷെ ഇതിൽ സമയം തെറ്റാണല്ലോ അതെങ്ങനെ അതെങ്ങനെ സതിയുടെ വാച്ചിൽ മണി ഇപ്പോൾ എത്രയായി സതിയുടെ വാച്ചിൽ മണി ഇപ്പോൾ എത്രയായി പത്ത് പത്ത് പത്തോ എന്റെ വാച്ചിൽ പത്തിരയായല്ലോ പത്തോ എന്റെ വാച്ചിൽ പത്തരയായല്ലോ ആയി വാസുന്റെ വാച്ച് അരമണിക്കൂർ ഫാസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഓഫീസ് ക്ലോക്കും തെറ്റാണല്ലോ അപ്പോൾ നമ്മുടെ ഓഫീസ് ക്ലോക്കും തെറ്റാണല്ലോ എന്നും അത് അതെ എന്നും അത് മുക്കാൽ മണിക്കൂർ ഫാസ്റ്റ് ആണ് പക്ഷേ ഇന്നത് കാൽ മണിക്കൂർ സ്ലോ ആണ് പക്ഷേ സ്ലോ ആണ് അതെങ്ങനെ ഇപ്പോൾ അതിൽ സമയം എന്തായി സമയം എന്തായി ഒൻപതേ മുക്കാൽ അതും പുതിയ ക്ലോക്കാണ് അതും പുതിയ ക്ലോക്കാണ് അതായത് ഇതെല്ലാം പുതിയ സാധനങ്ങൾ തന്നെ അതായത് ഇതെല്ലാം പുതിയ സാധനങ്ങൾ തന്നെ പക്ഷേ സതിയുടെ പഴയ വാച്ച് തന്നെ ഭേദം പക്ഷേ സതിയുടെ പഴയ വാച്ച് തന്നെ ഇത് എന്റെ വാച്ച് ഇത് എന്റെ വാച്ച് അല്ല എന്റെ കുഞ്ഞമ്മയുടെ വാച്ചാണ് എന്റെ കുഞ്ഞമ്മയുടെ വാച്ചാണ് ഏത് കുഞ്ഞമ്മ രാമുവിൻറെ അമ്മയോ ഏത് കുഞ്ഞമ്മ രാമുവിന്റെ അമ്മയോ അല്ല രാമവും ദാമുവും രാമവും ദാമുവും എൻറെ വല്യമ്മയുടെ മക്കളാണ് രാജനാണ് കുഞ്ഞമ്മയുടെ മോൻ രാജനാണ് കുഞ്ഞമ്മയുടെ മോൻ അത് ശരി അവരൊക്കെ ഇപ്പോൾ എത്ര ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് ദാമുവും രാജനും ആറാം ക്ലാസ്സിൽ രാമു എട്ടില് ദാമുവും രാജനും ആറാം ക്ലാസ്സിൽ രാമു എട്ടില് സതിയുടെ അനിയത്തിമാരോ അവർ തീര ചെറിയ കുട്ടികളല്ലേ അവർ തീരെ ചെറിയ കുട്ടികളല്ലേ രണ്ടുപേരും പ്രൈമറി സ്കൂളിലാണ് രണ്ടുപേരും പ്രൈമറി സ്കൂളിലാണ് രമ ഒന്നിലും മാധുരി മൂന്നിലും രമ ഒന്നിലും മാധുരി മൂന്നിലും വാസുവിന്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഏതെല്ലാം ക്ലാസുകളിലാണ് അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഏതെല്ലാം ക്ലാസുകളിലാണ് എല്ലാവരും സ്കൂളിൽ തന്നെ എല്ലാവരും സ്കൂളിൽ തന്നെ മൂത്തയാൾ ഏഴാം ക്ലാസ്സിലാണ് മൂത്തയാൾ ഏഴാം ക്ലാസ്സിലാണ് ഇളയനിയൻ വേണു രണ്ടിൽ ഇളയനിയൻ വേണു രണ്ടിൽ അനിയത്തിമാരിൽ പത്മം അഞ്ചാം ക്ലാസ്സിലും മാലതി നാലിലുമാണ് അനിയത്തിമാരിൽ പത്മം അഞ്ചാം നാലിലുമാണ് മാലതി നാലിലുമാണ് മണി ഇപ്പോൾ എത്രയായി മണി ഇപ്പോൾ എത്രയായി സമയം ഇപ്പോൾ എന്തായി സമയം ഇപ്പോൾ എന്തായി മണി ഇപ്പോൾ ഒന്നായി മണി ഇപ്പോൾ ഒന്നായി സമയം ഇപ്പോൾ ഒന്നായി സമയം ഇപ്പോൾ ഒന്നായി മണി ഇപ്പോൾ രണ്ടേ കാലായി മണി ഇപ്പോൾ രണ്ടേ കാലായി മണി ഇപ്പോൾ മൂന്നേ മുക്കാലായി മണി ഇപ്പോൾ മൂന്നേ മുക്കാലായി മണി ഇപ്പോൾ മൂന്നേ മുക്കാലായി മണി ഇപ്പോൾ നാലരയായി മണി ഇപ്പോൾ നാലരയായി എൻറെ വാച്ചിൽ സമയം തെറ്റാണ് എൻറെ വാച്ചിൽ സമയം തെറ്റാണ് അദ്ദേഹം എൻറെ ക്ലാസ്സിൽ അല്ല അദ്ദേഹം എൻറെ ക്ലാസ്സിലല്ല സരോജത്തിന്റെ അനിയന്മാർ സ്കൂളിലാണ് സരോജത്തിന്റെ അനിയന്മാർ സ്കൂളിലാണ് സീതയുടെ ചേച്ചിമാരും എന്റെ ഓഫീസിലാണ് സീതയുടെ ചേച്ചിമാരും എന്റെ ഓഫീസിലാണ് તમિ વિદ્યાર્થ રાોમસ મધુકુટા ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ രാജനും മധുവും കൊച്ചുകുട്ടികളാണ് രമ ഒറീസയിലും രാധ കേരളത്തിലുമാണ് എന്റെ കൂട്ടുകാരികളിൽ രമ ഒറീസയിലും രാധ കേരളത്തിലുമാണ് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് Say the contracted form Mathu nde Mathu nde Suku nde Suku nde Rekhu nde Rekhu nde Say the expanded form Chechi ചേച്ചിയുടെ മണി മണിയുടെ കുട്ടി കുട്ടിയുടെ വലിയമ്മ വലിയമ്മയുടെ കുഞ്ഞമ്മ കുഞ്ഞേയുടെ കമല കമലയുടെ ബിൽഡ് ഡ്രിൽ മോഡൽ ആയി ആയി എത്ര എത്രയായി ഇപ്പോൾ ഇപ്പോൾ എത്രയായി നിന്റെ വാച്ചിൽ മണി ഇപ്പോൾ എത്രയായി നൗ ഫോളോ ദോഡൽ ായി ഇപ്പോൾ ഇപ്പോൾ എട്ടേ മുക്കാലായി മണി മണി ഇപ്പോൾ എട്ടേമുക്കാലായി വാച്ചിൽ വാച്ചിൽ മണി ഇപ്പോൾ എട്ടേ മുക്കാലായി എൻ്റെ എൻറെ വാച്ചിൽ മണി ഇപ്പോൾ എട്ടേ മുക്കാലായി ആണ് ആണ് കൂളിലും കൂളിലുമാണ് ഇളയ അനിയൻ മധു സ്കൂളിലുമാണ് ദാമു ഓഫീസിലും ദാമു ഓഫീസിലും മൂത്തയാൾ ദാമു ഓഫീസിലും ഇളയ അനിയൻ മധു സ്കൂളിലുമാണ് അനിയന്മാരിൽ അനിയന്മാരിൽ മൂത്തയാൾ ദാമു ഓഫീസിലും ഇളയ അനിയൻ മധു സ്കൂളിലുമാണ് അധ്യാപകന്റെ അനിയന്മാരിൽ മൂത്തയാൾ ദാമു ഓഫീസിലും ഇളയ അനിയൻ മധു സ്കൂളിലുമാണ് എന്റെ എന്റെ അധ്യാപകൻ്റെ അനിയന്മാരിൽ മൂത്തയാൾ ദാമും ഓഫീസിലും ഇളയ അനിയൻ മധു സ്കൂളിലുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ ഇപ്പോൾ മണി ഒന്നായി ഇപ്പോൾ മണി രണ്ടായി മൂന്ന് ഇപ്പോൾ മണി മൂന്നായി നാല് ഇപ്പോൾ മണി നാലായി ആറ് ഇപ്പോൾ മണി ആറായി ഇപ്പോൾ മണി ആറേ കാലായി ഇപ്പോൾ മണി ഏഴേ കാലായി എട്ടേകാൽ ഇപ്പോൾ മണി എട്ടേ കാലായി ഒമ്പതേകാൽ ഇപ്പോൾ മണി ഒൻപതേ കാലായി ഇപ്പോൾ മണി മൂന്നരയായി നാലര ഇപ്പോൾ മണി നാലരയായി അഞ്ചര ഇപ്പോൾ മണി അഞ്ചരയായി ആറര ഇപ്പോൾ മണി ആറരയായി ഏഴര മണി േഴരയായി വേണു ഒന്നാം ക്ലാസ്സിലാണ് രണ്ടാം വേണു രണ്ടാം ക്ലാസ്സിലാണ് മൂന്നാം വേണു മൂന്നാം ക്ലാസ്സിലാണ് നാലാം വേണു നാലാം ക്ലാസ്സിലാണ് ഏഴിൽ ഏഴിലാണ് എട്ടിൽ മാലതി എട്ടിലാണ് ഒമ്പതിൽ ഒമ്പതിലാണ് ഇത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ ക്ലാസ് ആണ് വിദ്യാർത്ഥികളുടെ ഇത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ക്ലാസ് ആണ് അനിയന്മാരുടെ ഇത് അദ്ദേഹത്തിന്റെ അനിയന്മാരുടെ ക്ലാസ് ആണ് അനിയത്തിമാരുടെ ഇത് അദ്ദേഹത്തിന്റെ അനിയത്തിമാരുടെ ക്ലാസ് ആണ് ിൽ അവൻ വിദ്യാണ് അവൻ കുട്ടിയാണ് അവർ കുട്ടികളാണ് അവൾ വിദ്യാർത്ഥിനിയാണ് അവർ വിദ്യാർത്ഥിനികളാണ് മോഡൽ ടു അത് ക്ലാസ് ആണ് അവ ക്ലാസുകളാണ് നൗ ഫോളോ ദോഡൽ അത് വാച്ച് ആണ് അവ വാച്ചുകളാണ് ഇത് ക്ലോക്കാണ് ഇവ ക്ലോക്കുകളാണ് അത് പേരാണ് അവ പേരുകളാണ് മോഡൽ ത്രീ ഇത് പുസ്തകമാണ് ഇവ പുസ്തകങ്ങളാണ് നൗ ഫോളോ ദോഡൽ അത് ഗ്രാമമാണ് അവ ഗ്രാമങ്ങളാണ് അത് പട്ടണമാണ് അവ പട്ടണങ്ങളാണ് അത് സാധനമാണ് അവ സാധനങ്ങളാണ് മോഡൽ ഫോർ അവൾ അനിയത്തിയാണ് അവർ അനിയത്തിമാരാണ് നൗ ഫോളോ ദോഡൽ അവൾ ചേച്ചിയാണ് അവർ ചേച്ചിമാരാണ് അവൾ അമ്മയാണ് അവർ അമ്മമാരാണ് അവൾ ഭാര്യയാണ് അവർ ഭാര്യമാരാണ് ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ ഇത് എന്റെ വാച്ച് ആണ് ഇത് എൻറെ നൗ ഫോളോ അവർ ലളിതയുടെ അമ്മയല്ല രാധ എന്റെ ചേച്ചിയാണ് രാധ എന്റെ ചേച്ചിയല്ല കമലം രാധയുടെ കുഞ്ഞമ്മയാണ് കമലം രാധയുടെ കുഞ്ഞമ്മയല്ല ഇത് എൻറെ പുസ്തകമാണ് ഇത് എന്റെ പുസ്തകമല്ല രാമൻ മധുവിന്റെ ചേട്ടനാണ് രാമൻ മധുവിന്റെ ചേട്ടനല്ലോസ് ഡ്രിൽ മോഡൽ നിങ്ങളുടെ അതെ അല്ല എന്റെ വാച്ചിലെ സമയം തെറ്റല്ലോ മോഡൽ നിന്റെ അനിയത്തിമാരിൽ പത്മ ഗ്രാമത്തിലല്ലേ അതേ അതേ എൻറെ അനിയത്തിമാരിൽ പത്മ ഗ്രാമത്തിലാണ് അല്ല അല്ല എന്റെ അനിയത്തിമാരിൽ പത്മ ഗ്രാമത്തിലല്ല അനിയന്മാരിൽ സുഖു അധ്യാപകനല്ലേ അതെ അതെ വാസുവിന്റെ അച്ഛൻറെ അനിയന്മാരിൽ സുഖു അധ്യാപകനാണ് അല്ല അല്ല വാസുവിന്റെ അച്ഛന്റെ അനിയന്മാരിൽ സുഗു അധ്യാപകനല്ലേച്ചി എഴുത്തുകാരിയല്ലേ അതെ അതെ തോമസിന്റെ ചേച്ചി എഴുത്തുകാരിയാണ് അല്ല അല്ല തോമസിന്റെ ചേച്ചി എഴുത്തുകാരി അല്ല ഇതൊക്കെ പഴയ പുസ്തകങ്ങളല്ലേ അതെ അതെ ഇതൊക്കെ പഴയ പുസ്തകങ്ങളാണ് അല്ല അല്ല ഇതൊക്കെ പഴയ പുസ്തകങ്ങളല്ല നിന്റെ അനിയനും സ്കൂളിലല്ലേ അതെ അതെ എൻറെ ഏറ്റവും ഇളയ അനിയനും സ്കൂളിലാണ് അല്ല അല്ല എന്റെ ഏറ്റവും ഇളയ അനിയനും സ്കൂളിലല്ല